നിഷിദ്ധമാസങ്ങൾ കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ എവിടെ കണ്ടാലും വധിക്കുക അവരെ പിടികൂടുക അവരെ വളയുക ഓരോ പതിയിരിപ്പ് സ്ഥലങ്ങളിലും അവർക്കായി കാത്തിരിക്കുക എന്നാൽ അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് നൽകുകയും ചെയ്താൽ അവരുടെ വഴി അവർക്ക് വിട്ടുകൊടുക്കുക തീർച്ചയായും അള്ളാഹു സുബാലഹുവ തയാല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്